നമ്മുടെ നില പറഞ്ഞു മനസ്സുദിക്കുമ്പോഴാണ് പ്രപഞ്ചം തോന്നണത് മനസ്സടങ്ങുമ്പോൾ പ്രപഞ്ചമില്ല ശരീരമില്ല മനസ്സ് എന്ന് പറയുന്നത് തന്നെ ശക്തിയുടെ ആദ്യ ആവിർഭാവമാണ് അന്വയ രൂപത്തിൽ ചിന്തിക്കുമ്പോ വ്യതിരേകരൂപത്തിൽ ചിന്തിക്കുമ്പോ മനസ്സ് നമുക്ക് വിഘ്നമാണ് അന്വയ രൂപത്തിൽ ചിന്തിക്കുമ്പോ മനസ്സ് ആ പരമേശ്വരന്റെ തന്നെ ശക്തിയുടെ ആദ്യ ആവിർഭാവമാണ് ഏതൊന്ന് നമുക്ക് സാധനാ ദശയിൽ വിഘ്നമായി കടക്കേണ്ടതായ ഒരു വിഘ്നമാണോ അത് സിദ്ധന്റെ ദശയിൽ ഭഗവാന്റെ തന്നെ രസാനുഭവ ശക്തികളുടെ ഒരു കലയായിട്ട് മാറും അപ്പൊ പറയണതൊക്കെ വല്ലേ ഫ്രഞ്ച് ഭാഷ മാതിരി എനിക്ക് അറിയില്ല സാറില്ല ആസ്വദിച്ചുള്ള വെറുതെ കേട്ടോള ആദ്യമൊക്കെ വിഘ്നമായി തോന്നണത് പിന്നീട് അതൊരു നമ്മൾ ഏത് സത്തിനെ കണ്ടുവോ അതിന്റെ തന്നെ ഒരു ആവിർഭാവമായിട്ടും അതിന്റെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടും കാണുമ്പോ അതിൽ നിന്നും നമുക്കൊരു ദോഷം ഉണ്ടാവില്ല അതാണ് ഇപ്പൊ പറഞ്ഞത് ഏതായാലും ഇപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അനുഭവിയാതറിവില്ല എന്നുള്ളത് ഓർമ്മിക്കാം നമുക്ക് മനനം തുടരും തോറും പതുക്കെ പതുക്കെ പതുക്കെ തെളിയും അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായി വരും ഇതിനോടൊരു ഇതന്തവാ വാമയായും അമ്പത്തി മൂന്നോ അമ്പത്തൊന്നോ അമ്പത്തി ഒന്നാണ് അമ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് അറിവിലൊരു ഇരുന്നൊരഹന്തയാദ്യമുണ്ടായി നമ്മളുടെ സ്വരൂപത്തിലെ ആദ്യ പ്രഥമ എന്ന് പറയുന്നത് അഹന്തയാണ് അഹന്ത മാത്രമായിട്ട് വരില്ല വാമ വാമെന്നു വച്ചാൽ അതിന്റെ ഭാര്യയായിട്ട് എന്നുവച്ചാൽ ഒരു കപ്പിൾ പോലെ ഒരു മിഥുനം പോലെ ഇതന്ത അതിന്റെ കൂടെ ഇതം എന്നുള്ളതും വരുമെന്നാണ് നമുക്ക് സ്വപ്നത്തിൽ കാണാം ഞാൻ സ്വപ്നം കാണുമ്പോ പ്രഭാഷണം ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ പ്രസംഗം ചെയ്യുന്ന ഒരാൾ ഒരു വശത്തും കേൾക്കുന്ന നിങ്ങളൊക്കെ ഒരു വശത്തും സ്വപ്നത്തിന് പ്രത്യക്ഷപ്പെടും നിങ്ങളെയൊക്കെ സ്വപ്നത്തിൽ ഞാൻ കാണും വാസ്തവത്തിൽ ഞാനല്ലാതെ അവിടെ ഒരു സാമഗ്രി ഇല്ല ആ മുറിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിൽ ആവിർഭവിക്കുന്ന ഒരു വിസ്മയമായ ഒരു ശക്തി ആ ശക്തി എന്ത് ചെയു ഒരു സൃഷ്ടിക്കുന്നു ഒരു നിങ്ങളെയും സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ഒക്കെ ഇരിക്കുകയും ചെയ്യും നിങ്ങൾ എന്തെന്ത് വസ്ത്രം ധരിച്ചിരിക്കുന്നു അതാത് വസ്ത്രം ധരിച്ച് ഈ ഹാള് ഇവിടുത്തെ ഫാന് ഇവിടുത്തെ കുരുവി ഇവിടുത്തെ മൈക്ക് ഞാന് നിങ്ങൾ ഒക്കെ ആയിട്ട് ഇരിക്കും ഞാനായിട്ട് പറയും നിങ്ങളായിട്ട് കേൾക്കും രണ്ടും കണ്ടുകൊണ്ട് സാക്ഷിയായിട്ടിരിക്കുകയും ചെയ്യും എത്ര ആശ്ചര്യമാണ് സ്വപ്നം പക്ഷെ ഇതില് എന്തൊക്കെ ആരൊക്കെയാ ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ സാമഗ്രി ഞാനാണ് ഞാൻ തന്നെയാണ് ഒരു വശത്ത് വ്യക്തിയായിട്ടും മറ്റൊരു വശത്ത് മറ്റു വ്യക്തികളായിട്ടും ഒരു വശത്ത് പ്രഥമ ഉത്തമപുരുഷനായിട്ടും മധ്യമപുരുഷനായിട്ടും പിന്നെന്തു പുരുഷനാ ഉം ഉം പ്രഥമപുരുഷനായിട്ടും ഉത്തമ മധ്യമപുരുഷനായിട്ടും ഉത്തമപുരുഷനായിട്ടും ഒക്കെ ഞാൻ തന്നെയാ ഈ സംസ്കൃതത്തില് ഈ അഹം ഉത്തമപുരുഷനായിട്ട് മാറി ഇംഗ്ലീഷിലൊക്കെ പ്രഥമപുരുഷൻ എന്ന് പറയുന്നതാണ് അഹം സംസ്കൃതത്തില് അഹം എന്ന് പറയുന്നത് ഉത്തമപുരുഷനായി അത് വ്യാകരണക്കാര് ചെയ്ത ഒരു സൂത്രാണ് എന്താ ഈ അഹത്തിനെ ഉത്തമപുരുഷനാക്കിയെന്ന് വെച്ചാൽ ഉത്തമ പുരുഷസ്ത് യോ ലോകത്രയമാവശ്യ അവ്യയ ഈശ്വരഹം ശൈവസിദ്ധാന്തത്തില് ബ്രഹ്മസൂത്രത്തിന് അതില് ധ്യാന ശ്ലോകം ആദ്യത്തെ ശ്ലോകം ആശ്ചര്യമായ ശ്ലോകം ശിവനെ നമസ്കരിക്കുക എങ്ങനെയാ നമസ്കരിക്കണമെന്ന് വെച്ചാൽ നമോ അഹം പദാർഥായ ലോകാ സിദ്ധിഹേതവേ സച്ചിദാനന്ദായ ശിവാത്മനെ നമോ അഹം പദാർഥായ ലോകനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ അഹം പദത്തിന്റെ ഉണ്മയായ പൊരുളായ ശിവനെ നമസ്കരിക്കുന്നു അഹം പദാർത്ഥം അഹം പദാർത്ഥം അഹങ്കാരമല്ല അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവപി ഭാവദർശനാത് അഹം പദത്തിന് ഉണ്മയായ സത്ത സുഷുപ്തിയിലും ഉണ്ട് അവിടെ അഹങ്കാരമില്ലല്ലോ അതിന്റെ എസെൻസ് സുഷുപ്തി അവസ്ഥയിലും ഉള്ളതാണ് സുഷുപ്താവി ഭാവ ദർശന അപ്പോ അഹന്ത ഉദിക്കുമ്പോ സ്വപ്നത്തിൽ നമ്മൾ കണ്ടു ഞാൻ എന്നുള്ള ആളും എനിക്ക് ഭോഗ്യമായ വിഷവും ഒരേ സമയത്ത് ഇപ്പം രണ്ടും ഒരേ സ്ക്രീനിലാണ് നിൽക്കുന്നത് ഒരു സിനിമയില് അതിലെ ആക്ടറും അയാൾക്ക് ചുറ്റുമുള്ള ആളുകളും ഒരേ സ്ക്രീനിലാണ് നിൽക്കുന്നത് സിനിമയില് ആക്ടർ മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല അയാൾ മാത്രമായിട്ട് സിനിമ വിട്ട് നിക്കാൻ പറ്റില്ല അയാൾ അതിനകത്താണ് അതേപോലെ ഞാൻ എന്നുള്ള ഈ അഭിമാനവും എന്നാൽ അനുഭവപ്പെടുന്ന പ്രപഞ്ചമാണ് ഇതം എന്ന് പറഞ്ഞത് ഇത് രണ്ടും ഒരേ സമയത്ത് പൊന്തി ഒരേ സമയത്ത് അസ്തമിക്കും പക്ഷേ ഇതം എന്ന് പറയുന്നത് നമ്മളുടെ പിടിയിലുള്ളതല്ല നമ്മളുടെ പിടിയിലുള്ളത് അഹം എന്നുള്ള പ്രഥമവികാരാണ് ആ പ്രഥമവികാരത്തിന് ചലനമാണ് വളരെ ആശ്ചര്യകരമായിട്ട് സകല ദുഃഖത്തിനും മൂലകാരണമായിട്ടിരിക്കണതും അതാണ് അതിനെ തന്നെ ശ്രദ്ധിക്കാമെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിനും വഴിയാവും ഗുരുദേവനോട് പറഞ്ഞു ഇതിലേഴും ആദിമശക്തി ഇങ്ങു കാണുന്നിത്തു സകലം പെറും ആദിബീജമാകും മതി അതിലാക്കി മറന്നിടാതെ മനനം തുടർന്നിടേണം ഈ വേദാന്ത മനനം എന്ന് പറയണത് സാധാരണ ഈ എല്ലാ സീക്രട്സും കുറെ കാലം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും ജ്ഞാനികൾ ഉദിക്കുമ്പോ ജ്ഞാനികൾ വരുമ്പോ അവർ ഈ മഴക്കാലത്ത് കുറുന്തോട്ടിയും മുളയ്ക്കണ പോലെയാണ് കീഴാർ നെല്ലിയും കുറുന്തോട്ടിയും മുളയ്ക്കണ പോലെയാണ് ഉത്തമജ്ഞാനികൾ അവരെ നമുക്ക് ജനിപ്പിക്കാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റില്ല മഴ പെയ്യുമ്പോ എങ്ങനെ നമ്മള് പറമ്പിൽ ചെന്ന് നോക്കിയാൽ കീഴാർന്നല്ലിയും കുറുന്തോട്ടിയും പോലെ അത് എങ്ങനെ ഇവിടെ വന്നു നമുക്കറിയാം അത് അവിടെ കിടന്ന് മുളയ്ക്കും അതുപോലെയാണ് ജ്ഞാനികളെ നമുക്കൊരു പരമ്പരയിൽ സൃഷ്ടിക്കാൻ പറ്റില്ല ജ്ഞാനികളിൽ നിന്നും ഒരു പരമ്പര ഉണ്ടാവും കുറെ കാലം കഴിയുമ്പോൾ വാസ്തവിച്ചു പോകും പിന്നെ അവിടെ ഉണ്ടാവില്ല ഒരിക്കലും നമ്മളുടെ ഈഗോവിന്റെ വരമ്പില് അധ്യാത്മികതയെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ളതിനൊരു തെളിവാണത് ഇപ്പോ മനനം എന്ന് പറയണത് ശാസ്ത്രീയമായി നഷ്ടപ്പെട്ടു പോയതും അങ്ങനെയാണ് മനനം എന്ന് പറഞ്ഞാൽ ആളുകൾ ധരിക്കണത് ഈ ശാസ്ത്രത്തിന് പഠിക്കുക എന്നിട്ട് ഇന്റലക്ച്വൽ അനാലിസിസ് ചെയ്യുക എന്ന് ചിന്തിക്കുക അത് നമുക്ക് വലിയ ഫിലോസഫി പ്രൊഫസറാവാനൊക്കെ കൊണ്ടാവും ആത്മാനുഭവത്തിന് കാരണാവില്ല ഇവിടെ ഗുരുദേവൻ അതിന്റെ സീക്രട്ട് പറയാ മനനമെന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് പറഞ്ഞു ചിത്വദർശനമെന്ന് പറഞ്ഞു മനനം എന്തിനിയാ മനനം ചെയ്യണത് മനനം ചെയ്യണത് ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്നാണ് ശ്രവണം ചെയ്യുമ്പോ ഉത്തമ ഗുരുവിൽ നിന്നും വേദാന്ത ശ്രവണം ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഉത്തമ ജിജ്ഞാസുവിന് കേൾക്കുമ്പോ ലക്ഷ്യാർത്ഥ ഭാനം ലക്ഷ്യാർത്ഥ ഭാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ രവി എന്നു പേരുള്ള ഒരാളുണ്ടെന്ന് വെച്ചോളൂ ഞാൻ അയാളെ രവി എന്ന് വിളിച്ചാൽ രവി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വാച്യാർത്ഥ അറിയാം എന്താ സൂര്യൻ എന്നാണ് അർത്ഥം അയാള് സൂര്യനെ വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുവോ ഇല്ല രവി എന്ന് പറഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കണമെന്ന് പറയും അല്ലെ അതേപോലെ വേദാന്ത മഹാവാക്യ ശ്രവണം ചെയ്യുമ്പോ അതിൻ്റെ വെർബൽ മീനിങ് സത്യം പറഞ്ഞാൽ മാറാത്തത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് അനന്തം എന്ന് പറഞ്ഞാൽ ആനന്ദം എന്ന് വാച്യാർത്ഥത്തിന് പകരം കേൾക്കുന്ന ആൾക്ക് ഉപാധി വിമുക്തമായ ചൈതന്യത്തിന്റെ അനുഭൂതി ഉണ്ടാവുകയും അതാണ് ഞാൻ അതാണ് ഞാൻ എന്നുള്ള എങ്ങനെ ഉണ്ടാവണമെന്ന് പറയാൻ വയ്യ കുതശ്ചിത് കൗശലാദേവ അതാണ് പറഞ്ഞു ഇത് ഇറ്റ് വർക്ക്സ് വേണ്ട വിധത്തില് ശ്രവണം ചെയ്യുമ്പോൾ ചെവിയിലൂടെ ചെന്ന് ഈ വാക്ക് പ്രത്യപജ്ഞയുണ്ടാക്കണം അതായത് മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ലാത്ത ചിത്തിന്റെ അനുഭവം ഈ ശരീരത്തിനകത്ത് തന്നെ അശരീരമായ പ്രജ്ഞ ഉണ്ടെന്നും ശരീരസമ്പർക്കമല്ലാത്ത ബോധമാണ് തന്റെ സ്വരൂപമെന്നും താൻ അതാണെന്നും ഉള്ള ചില ചില സ്ഫൂർത്തികള് ശ്രവണ സന്ദർഭത്തിൽ സാധനാ ചതുഷ്ടയെ സമ്പന്നനായ ഉണ്ടാവും ആ ഉണ്ടാവണ സ്ഫൂർത്തിയെയാണ് ഇയാള് മനനം ചെയ്യണത് അല്ലാതെ പറഞ്ഞ വാക്കുകളെയല്ല വാക്കുകളൊക്കെ നമുക്ക് പുസ്തകത്തുനിന്ന് കിട്ടും അത് ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല ഇന്റർനെറ്റ് തുറന്നാൽ എന്ത് വേണേലും കിട്ടും വാക്കുകളെയല്ല ശബ്ദത്തിനെയല്ല പിടിക്കണത് ലക്ഷ്യാർത്ഥത്തിനെയാണ് ആ ലക്ഷ്യാർത്ഥമാണ് ആ ലക്ഷ്യാർത്ഥത്തിനെ ഗ്രഹിക്കാനാണ് ഇവിടെ ഒരു വഴി പറഞ്ഞത് ശക്തിയുടെ ആദ്യ ആവിർഭാവം ശക്തിയുടെ ആദ്യ ആവിർഭാവമാണ് ഉറങ്ങി എഴുന്നേക്കുമ്പോ ശ്രദ്ധിക്ക ആദ്യ ഉദിക്കണത് എന്താ ഞാൻ ഇന്നവനാണ് എന്നുള്ള വ്യക്തി ആദ്യ ഉദിക്കണത് ഞാൻ എന്നുള്ളത് ഉദിച്ച ശേഷമേ നീ അവൻ എന്നുള്ളതൊക്കെ ഉദിക്കുള്ളൂ ഞാൻ എന്നുള്ളത് ഉദിച്ചിട്ടില്ലെങ്കിൽ മറ്റൊന്നും സാധ്യമല്ല ആദ്യം ഉദിക്കണ ഈ പ്രഥമവികാരം ഈ അഹം പ്രതീതിയാണ് അഹന്ത അതിൻ്റെ കൂടെ ഇതെന്താ വരണമെന്ന് പറഞ്ഞു ഈ അഹന്തയെ ആദ്യ ബീജം ആദ്യത്തെ വിത്ത് ആ ആദ്യ ബീജം ഈ പ്രഥമവികാരത്തിന്റെ ചലനം ശക്തിയുടെ ആദ്യ ചലനമാണത് മനസ്സ് എന്ന് പറയുന്നത് ഈ അഹങ്കാരത്തിൽ ഉണ്ടാവുന്നത് അഹം വൃത്തിയിൽ മനസ്സിൽ ഒരു മുണ്ടിൽ നൂല് പോലെ മനസ്സിൽ ഊടുമ്പാവുമായി നിറഞ്ഞിരിക്കുന്ന നൂലാണ് ഞാൻ എന്നുള്ളത് ഞാൻ എന്നുള്ള ചിത്തവൃത്തി തോട്ടില്ലാതെ മറ്റൊരു ഉദിക്കാനോ പ്രവർത്തിക്കാനോ ചലിക്കാനോ സാധ്യല്ല അതുകൊണ്ട് തന്നെ തമിഴില് ഉള്ളത് നാർപ്പത് എന്ന് മഹർഷിയുടെ ഒരു ഗ്രന്ഥണ്ട് അതിലദ്ദേഹം പറഞ്ഞു വളരെ സുന്ദരമായി വ്യാഖ്യാനിച്ചു ആത്മാനുഭവ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നാൻ ഉദിയാതെ ഉള്ള നില ുള്ള നില അത് എന്നെ പറഞ്ഞോളൂ ഏതെന്നൊന്നും പേരൊന്നും പറഞ്ഞില്ല നാൻ ഉതിയാതുള്ള നില നാം അതുവായുള്ള നില ആ അതെങ്ങനെ വരും നാനുദിക്കും സ്ഥാനമതൈ നാടാമൽ നാനുതിയ തന്നിഴപ്പൈ ശാർവദേവൻ ഈ ഞാൻ എന്നുള്ള എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിക്ക അതെപ്പോ ചലിക്കണമോ എപ്പോ സ്പന്ദിക്കണമോ ശ്രദ്ധിക്ക ആ പിടിവിടാതിരിക്കാന്ന് ആ പിടി വിട്ട് കഴിഞ്ഞാൽ ശൂന്യതാ പ്രതീതി ഒക്കെ ഉണ്ടാവുന്നു ആ പിടിവിടാതിരിക്കുക എന്തെങ്കിലുമൊക്കെ വിഷമം ദുഃഖം ഒക്കെ വരുമ്പോ പുറമേക്ക് പരിഹരിക്കുന്നതിന് പകരം അകമയ്ക്ക് ഈ ദുഃഖം ആർക്കു വരണു എന്ന് ദുഃഖത്തിന്റെ മൂല ചോദ്യം ചെയ്യാം ആർക്കാ ദുഃഖം ആർക്കാ വിഷമം എനിക്ക് ഈ ഞാൻ ആരാ ഈ ഞാൻ എന്താ ഈ ദുഃഖം അനുഭവിക്കുന്ന അഹം അഹം എന്നുള്ള ഈ ചലനം എന്താ ആരായുകിൽ ആരാഞ്ഞ് നോക്കുമ്പോ അകലും അഹന്ത ഈ ആരായി എന്ന ക്ഷണത്തില് അഹന്റെ അകലും കയറില് പാമ്പ് കണ്ടു എത്ര നേരം കാണും നോക്കണവരെ ശ്രദ്ധിച്ചു എന്ന് നോക്കിയാ പാമ്പില്ല അതേപോലെ ഈ ഞാൻ എന്നുള്ള ജീവാഹന്ത കല്പനയാണ് പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതെവിടെ ഉണ്ടാവും ജീവൻ കൽപ്പയത്തെ പൂർവം തഥോഭാവാൻ പൃഥക് വിധാൻ എന്നാണ് ഗൗഡവദാചാര്യർ ജീവനാണ് ആദ്യത്തെ കൽപ്പന ഞാൻ ഇന്നവനാണ് ഞാൻ ഇന്ന ആളാണ് ഈ ഞാൻ എന്താ ഈ ഞാൻ എന്നുള്ളത് എന്ന് ഈ ആദിമ ശക്തിയെ ശ്രദ്ധിക്കുകയാണ് മതി അതിലാക്കി മറന്നിടാതെ മറന്നിടാതെ എന്ന് വെച്ചാൽ അജാഗ്രതയിലേക്ക് വീണു മതിയെ ീ അഹമെന്നുള്ള അനുഭവത്തിൽ വാസ്തവത്തിൽ മതി അതിലാക്കി എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ ആ ചിത്തിലിരുത്തിയിട്ട് വേണം മനനം ചെയ്യാൻ ഇപ്പൊ നമുക്ക് ആ ചിത്തൊന്നും അറിയില്ല നമുക്കറിയണതെന്താ ഞാൻ ഇന്ന ആളാണെന്ന് അറിയാം അത് നമുക്കിപ്പോ കേൾക്കുമ്പോ തന്നെ നമ്മളെ ശ്രവണം ചെയ്യാൻ സമ്മതിക്കാതെ വിഘ്നമായിട്ട് നിൽക്കുന്നതും അതാണ് നമ്മൾ കേട്ടോണ്ടേ ഇരിക്കുമ്പോ ഈ ചിജട ഗ്രന്ഥി എന്തു പറയും ഉള്ളെന്ന് പറയും മനസ്സിലാവണില്ല എന്ന് പറയും അല്ലെങ്കിൽ മനസ്സിലാവേണ്ടതെന്ന് പറയും അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും ഇതൊക്കെ ചിജട ഗ്രന്ഥിയുടെയാണ് ഉറക്കമും വിക്ഷേപമും ഒക്കെ ആ ചിത്രവൃത്തിയുടെ ഈ ഗ്രന്ഥിയുടെയാണ് അഹങ്കൃതി ഉള്ളവരെ നമുക്ക് ഉറക്കവും ഉണ്ടാവും ഉണ ജാഗ്രതവും ഉണ്ടാവും ചിത്തവൃത്തികളും രാഗദ്വേഷങ്ങൾ ഈ രാഗദ്വേഷങ്ങൾക്കും ചിത്തവൃത്തികൾക്കും മൂലമായിട്ടുള്ള മൂലസ്പന്ദനമാണ് ഈ ഞാൻ ഈ പ്രഥമ ഈ പ്രഥമ വികാരമാണ് സംസാരത്തിന് ഉണ്ടാക്കണത് ബന്ധത്തിന് ഉണ്ടാക്കണത് ഈ ബന്ധം ആർക്കാണ് എന്ന് ചോദിച്ചു നോക്കൂ ബന്ധമില്ല ബന്ധം ആർക്കാണ് എനിക്ക് സംസാരത്തിൽ ഞാൻ ഈ ഞാൻ എന്താണ് ഈ ഞാൻ എന്ന് പറയണത് എന്താണ് ഞാൻ എന്നുള്ള ഈ അനുഭവം ഈ പ്രതീതിയുടെ സ്വരൂപം എന്താണ് ആ ചലനം എന്താണ് പൾസേഷൻ ആണ് ആ പൾസേഷൻ ആണ് മനസ്സ് മുഴുവൻ കണ്ടെൻസ്ഡ് ആയിട്ട് പൾസേറ്റ് ചെയ്യും എപ്പോന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളെ ഞാൻ നിന്ദിക്കാണെങ്കിൽ എഴുന്നേറ്റ് പോകൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിനും ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ ആദ്യത്തേത് ഒരു സെന്റേഡ് പൾസേഷൻ ആയിരിക്കും എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞു പിന്നെയാണ് അത് വ്യാഖ്യാനിക്ക പതുക്കെ മനോമണ്ഡലത്തിൽ ആദ്യം ഒരു എരിച്ചൽ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെയാണ് എന്നെ ചീത്ത പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്നെ അവര് ഇൻവിറ്റേഷൻ തന്നിട്ടാണ് ഞാൻ വന്നിരിക്കണത് ഒക്കെ പിന്നെ പറയും ആദ്യം വരണത് ഒരു സ്പന്ദനം മാത്രാണ് പ്രഥമവികാര സ്പന്ദനാണത് ആ പ്രഥമവികാര സ്പന്ദനത്തിന് ഈ സ്പന്ദനത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരായുമ്പോ ഈ അഹമഹം എന്ന് പറയണത് എന്താണെന്ന് ആരാഞ്ഞ് നോക്കുമ്പോ അന്വേഷിച്ചു നോക്കുമ്പോ വിചാരം ചെയ്യുമ്പോ ശ്രദ്ധിക്കുമ്പോ ശ്രദ്ധയാണ് ശ്രദ്ധാപ്രധാനമാണത് ശ്രദ്ധിക്കുമ്പോ ഈ അഹങ്കൃതി എവിടുന്ന് ഉദിച്ചുവോ അവിടെ ചെന്ന് ലയിക്കും അവിടെ എന്തുണ്ട് അവിടെയാണ് ഭഗവാ ഇവിടെ നാരായണ പറഞ്ഞ അറിവ് എന്നുള്ള ആ കേവലമായ ചിസ്വരൂപം മാത്രമേ ഉള്ളൂ ആ ക്ഷണത്തില് എപ്പോ ഈ അഭിമാന വരുത്തി ഹൃദയത്തില് ലയിക്കുന്നു അപ്പൊ കാണും അറിവിനെ വിട്ടത് ഞാനുമില്ല എന്നെ പിരിയുകിലില്ല അറിവും പ്രകാശമാത്രം റിയുന്നവനെന്നു രണ്ടു മോർത്താൽ ഒരു പൊരുളാം ഇതിനില്ല വാദമേതും അറിവിനെ വിട്ടത് ഞാനുമില്ല ഞാൻ എന്നുള്ളത് ഉദിച്ച് കഴിഞ്ഞാൽ നീ അവനൊക്കെ വന്നു വിവേക സമാധി പദ്ധതി സമാധി നിർവികൽപ്പ സമാധി പ്രകരണം എന്നൊരു ഭാഗമുണ്ട് അത് പറഞ്ഞു തുടങ്ങുമ്പോ അതിന് മുമ്പ് പറയണത് ത്വം അഹം ഇതം ഇതീയം കൽപ്പനാ ബുദ്ധിദോഷാത് പരമാത്മനി അവികല്പേ പ്രവിലസത്തി സമാധോ അതിർ വികല്പ വിലയമുപക്ഷേത് വസ്തുതാവവൃഷ്ടി വസ്തുതാവധൃഷ്ടി എന്നാണ് പറഞ്ഞത് യോഗവാസിഷ്ടും താവാത്മബോധയേവ സർവാശാവക പ്രോക്തസമാധി ശബ്ദേനു തൂഷ്ണീമ അവസ്ഥിതി എന്ന് സമാധിക്ക് തത്വബോധം തന്നെയാണ് സമാധി എന്നാണ് അത് വരവും പോക്കും സമാധിയാണ് അത് ശരീരത്തിന്റെയോ മനസ്സിന്റെയോ സമ്പർക്കമില്ലാതെയുള്ള സമാധിയാണത് അത് പ്രത്യവിജ്ഞാബോധാണ് ഇവിടെയും വിവേക ചൂടാമണിയിൽ പറഞ്ഞു ആചാര്യസ്വാമികൾ ത്വം അഹം ഇതം ഇതീയം നീ ഞാൻ അവൻ അത് ഇത് എന്നുള്ള ഈ പ്രത്യയങ്ങളൊക്കെ തന്നെ ബുദ്ധിദോഷാ പരമാത്മനി പ്രഭവതി സിനിമ സ്ക്രീനിൽ സിനിമ വരണ പോലെ ഈ കേവലമായ ചിത്തിലെ ചൈതന്യത്തിലെ ഒരു അലതല്ലാണ് ആ അലയിലോ ഒന്ന് ഞാൻ എന്ന് പറയണു ഒന്ന് നീ എന്ന് പറയു ഒന്ന് അവൻ എന്ന് പറയണു ഇത് ചലനം മാത്രമാണ് ഈ ചലനത്തിനാണ് വികല്പം എന്ന് പറഞ്ഞത് ഇതൊക്കെ എവിടെ വിലയം പോകും എവിടെ ഇല്ലാതാവും എന്ന് വെച്ചാൽ വിലയം ഗച്ഛേറ്റ് വസ്തുതത്വ അവദൃഷ്ടിയാണ് നല്ലവണ്ണം തത്വജ്ഞാനദാർഢ്യം ഉണ്ടാവുമ്പോ പതുക്കെ പതുക്കെ ഈ അധിഷ്ഠാനത്തിനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോ നമ്മളുടെ സ്വരൂപം എന്താണെന്നുള്ള ശ്രദ്ധ തെളിഞ്ഞു വരും തോറും ഈ ഞാൻ നീ അവൻ എന്നുള്ള ഈ വികല്പങ്ങള് പതുക്കെ പതുക്കെ മറയും അത് വാസ്തവമല്ലെന്നും അത് ബ്രഹ്മാത്മകമാണെന്ന് അറിയുമ്പോ അതു അറിയുകയും അറിവിനെ വിട്ടത് ഞാനുമില്ല എന്നെ പിരിയുക അറിവും പ്രകാശമാത്രം അറിവറിയുന്നവനെന്നു രണ്ടു മോർത്താൽ ഒരു പൊരുളാം ഇതിലില്ല വാദമേത്തും ആ പൊരുളിനെ അറിഞ്ഞു കഴിയുമ്പോ ഞാൻ നീ അവനൊന്നുമില്ല നോക്കണം ഭക്തിമാർഗത്തിലൂടെ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഭക്തി ഞാനൊക്കെ കൂടി ചേർന്നത് ജ്ഞാനം എന്ന് പറയണത് വാദവും പാണ്ഡിത്യവും ഒക്കെ ആവുമ്പോ ശരിയായ വേദാന്ത മാർഗത്തിൽ നിന്ന് വിട്ടുപോവാണ് അതേണ്ടത് ജ്ഞാനം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ജിംനാസ്റ്റിക്സ് ആവുമ്പോ ശരിയായ വേദാന്ത മാർഗ്ഗത്തിൽ നിന്ന് വിട്ടുപോവാണ് ഉത്തമ ഭക്തി ജ്ഞാനത്തിന് വളരെ അടുത്താണ് ഭക്തിയുടെ പരമകാഷ്ട എന്താ ആത്മനിവേദനമാണ് ബാക്കി ശ്രവണം കീർത്തനം സ്മരണം പാദസേവനമൊക്കെ ആത്മനിവേദനത്തിനുള്ള വഴിയാണ് നിവേദനം ചെയ്യാണ് അർപ്പിക്കുകയാണ് അർപ്പിക്കുക എന്നുള്ളത് എന്താ എവിടെയോ ഒരു ഒരു ഒരു അധിഷ്ഠാനത്തില് നമ്മളെ അർപ്പിക്കുകയാണ് ഞാനില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇതാണ് ആത്മനിവേദനം ഞാനില്ല എന്ന് പറയുമ്പോ തന്നെ എന്തുണ്ടോ അതാണ് ഭഗവത് സ്വരൂപം ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ തന്നെ ബ്രഹ്മാനുഭവം ഉണ്ടാവും എന്നുവെച്ചാൽ എപ്പോ ഞാനില്ലയോ അപ്പൊ പിന്നെ എന്തുണ്ട് അവിടെ ഞാൻ നീ അവൻ എന്നുള്ള വികല്പങ്ങൾ പോയാൽ എന്തൊരു സത്തയുണ്ടോ അസ്തിവമുണ്ടോ ബോധമുണ്ടോ അതിനെ നിങ്ങൾ ഭഗവാൻ എന്ന് വിളിച്ചോളൂ ആത്മാവെന്ന് വിളിച്ചോളൂ ബ്രഹ്മം എന്ന് വിളിച്ചോളൂ പേരിലെ വ്യത്യാസമുള്ളൂ വസ്തു എന്നാണ് വദന്തിതത്വവിദാ തത്വം യജ്ഞാനം ബ്രഹ്മേതി പരമാത്മേത്തി ഭഗവാൻ തി എന്ന് ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും ശബ്ദത്തെ ഗീരുമാത്രം നാരായണ ഗുരുസ്വാമിയുടെ വാക്കാണ് ഗീരു മാത്രം വെറും വാക്ക് മാത്രമാണ് ശബ്ദം മാത്രമാണ് വസ്തുവിൽ ഒരു മാറ്റവുമില്ല അങ്ങനെ ആ വസ്തുവിനെ അറിയാനുള്ള വഴിയാണ് ഈ ഞാൻ എന്താണ് ഈ ഞാൻ എന്ന് പറയുന്ന അനുഭവം എന്താണ് മനനം അവിടെയാണ് ഈ പ്രഥമ വികാരത്തിനെ ബാക്കിയൊക്കെ ശമിച്ചോളൂ നമ്മള് വേറെ ഒന്നും തലപോകയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോഴും നമ്മൾ അറിയാതെ ജപിക്കുന്ന ഒരു മന്ത്രാണ് അനുസ്യൂതമുള്ള ജപമാണ് ഞാൻ ഞാൻ ഞാൻ എന്നുള്ളത് ബൃഹധാരണിക ഉപനിഷത്തിൽ പറഞ്ഞു നമ്മൾ പല നാമവും ജപിക്കണ്ടല്ലോ ആദ്യ ആവിർഭവിച്ച നാമാണത് എന്നാണ് അഹം നാമാഭവത്ത് ബ്രഹ്മം തന്നെ സ്വയം അഹം എന്ന് പറഞ്ഞു അതൊരു ഒരു ഇവല്യൂഷൻ നമ്മൾക്ക് സമ്മതിക്കാമെങ്കിൽ ഇവല്യൂഷണറി പ്രോസസ് എന്ന് പറയുന്നത് പ്രകൃതിയിലുണ്ടല്ലോ സത്തയിലില്ല അവിടെ ഒരു വലിയ കാര്യം ജഡത്തിനൊന്നും അതില്ല മനുഷ്യനിൽ വരുമ്പോഴാണ് ആദ്യം പറയണത് അതും കുട്ടികളിൽ ശ്രദ്ധിച്ചാൽ കാണാം കുട്ടികള് കുറെ കഴിഞ്ഞിട്ടാണ് ആ മാജിക് വാക്ക് പഠിക്കണത് അതുവരെ കുട്ടികള് ഞാൻ ഹരി ഹരിയുടെ ഈ കളിപ്പാട്ടം എന്നൊക്കെ പറയും ആദ്യം അവർക്ക് നിശ്ചേന്തനുണ്ടാവില്ലേ എങ്ങനെയാ വേർപിരിക്കേണ്ടത് പതുക്കെ പതുക്കെ പതുക്കാണ് മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ട് തന്റെ ഉള്ളിലുള്ള ഫീലിംഗ് അവർക്ക് അറിയാം തൻ്റെ വ്യക്തിത്വം അതിന് എന്ത് പേര് കൊടുക്കണം അറിയില്ല എന്നിട്ടാണ് ഭാഷയിൽ ആ പേര് പഠിക്കണത് ഞാൻ ഞാൻ എന്ന് പറഞ്ഞ ഉടനെ ആ വാക്കിന്റെ അർത്ഥം അവർക്കറിയാം അല്ലേ ഒന്ന് ഒന്ന് അതൊന്ന് വിസ്മയത്തോടൊന്ന് ചിന്തിക്കൂ ഞാൻ എന്ന് പറഞ്ഞ ഉള്ളിലുള്ള തൻ്റെ പ്രഥമ വികാരത്തിനോട് ബന്ധപ്പെടുത്തി ഞാനെന്ത് മലയാളത്തിൽ പറയുന്നു തമിഴിൽ നാൻ എന്ന് പറയും ഹിന്ദിയിൽ മേ എന്ന് പറയും ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും അത് ഭാഷയാണ് പക്ഷെ അതുകൊണ്ട് അർത്ഥമാക്കുന്നതിനാണ് നമ്മൾ ലക്ഷ്യാർത്ഥം എന്ന് പറഞ്ഞത് അതിനെ അർത്ഥമാക്കുന്ന ഒരു സ്പന്ദനം നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന ഒരേ ഒരു കാര്യം ആ സ്പന്ദനാണ് ആ സ്പന്ദനത്തിനെയാണ് ശ്രുതി പ്രഥമനാമം എന്ന് പറഞ്ഞത് ആദ്യത്തെ നാമം അത് ഉദിച്ചിട്ടാണ് ബാക്കി ഒക്കെ ഉദിക്കണത് ആദ്യത്തെ സ്പന്ദനമാണ് അതിനെ ധ്വനി എന്ന് പറയാം അതിനെ പ്രാണനെന്ന് പറയാം അതിനെ ചിത്തമെന്ന് പറയാം അതിനെ നാമം എന്ന് പറയാം അതടങ്ങിക്കഴിഞ്ഞാൽ സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം ആ പ്രഥമ വികാരം എവിടെ അടങ്ങണോ അത് ഉദിക്കുന്ന സ്ഥലത്ത് അടങ്ങിയാൽ പിന്നെ എന്തുണ്ടവിടെ ഞാനില്ലാതാവില്ലേ എന്നാണ് ആളുകൾക്ക് പേടി അയ്യോയി ഞാൻ എന്നുള്ള അഭിമാനം പോയാൽ പിന്നെ ഞാനില്ലാതാവില്ലേ ശൂന്യമാവില്ലേ അവിടെയാണ് ശൂന്യത്തിലൊക്കെ പെട്ടത് അനാത്മവാദം എന്നൊക്കെ ബൗദ്ധന്മാരെ നമ്മൾ നിന്ദിക്കണതും ബൗദ്ധന്മാർ അവരുടെ സിദ്ധാന്തമാണെന്ന് ഭ്രമിച്ചു പോയതും ഒക്കെ ബുദ്ധൻ അനാത്മവാദം പറഞ്ഞില്ല ബുദ്ധൻ മൗനമായിട്ടിരുന്നു ഭ്രേതാരണിക ഉപനിഷത്തില് അല്ല ബ്രഹ്മസൂത്രത്തില് ഉഭയലിംഗാധികരണം എന്ന് പറഞ്ഞിട്ട് ഒരു അധികരണമുണ്ട് അവിടെ ബാധ്വൻ എന്ന് പറയുന്ന ശിഷ്യൻ ഭാഷ്കലി എന്ന ആചാര്യന്റെ അടുത്ത് ചേർന്നിട്ട് എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ എന്ന് പറയുന്നു ഗുരു ഒന്നും പറഞ്ഞില്ല ഒരു വർഷം കൂടെ താമസിച്ചു അപ്പോഴും ഒന്നും വണ്ടിയില്ല ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ശിഷ്യൻ ചോദിച്ചു എനിക്ക് അവിടുന്ന് ഉപദേശിച്ചില്ലല്ലോ ഇത്രകാലം ഞാൻ കൂടെ താമസിച്ചുവല്ലോന്ന് അപ്പൊ ഗുരു പറഞ്ഞു ഞാൻ നിരന്തരം ഉപദേശിക്കുകയായിരുന്നു ഇടതടവില്ലാതെ ഉപദേശിക്കുകയായിരുന്നു നീ മനസ്സിലാക്കിയില്ല ഭ്രൂമഹലു ത്വം തുണ വിജാനാസി പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കായിരുന്നു അൺഇൻറ്ററപ്റ്റഡ് അലക്വൻസ് ആയിരുന്നു വാക്കുപയോഗിച്ചാലെങ്കിലും ആരംഭിക്കുകയും അസ്തമിക്കുകയും ചെയ്യും ഇത് ആരംഭമോ അസ്തമനമോ ഇല്ലാതെ നിനക്ക് ഞാൻ ബ്രഹ്മോപദേശം ചെയ്യായിരുന്നു നീ ഗ്രഹിച്ചില്ല അവചനേനൈവ ബ്രഹ്മപ്രോവാചാ പറയാതെ പറഞ്ഞു എന്നാണ് പക്ഷെ ഈ പറയാതെ പറയുമ്പോൾ അറിയണവര് മനസ്സിലാക്കും ബാക്കിയുള്ളവര് അവർക്ക് തോന്നിയത് പറയും അല്ലേ അതാണ് ബുദ്ധമതത്തിൽ അനാത്മവാദമെന്നും ശൂന്യവാദമെന്നും ഹീനയാനം എന്നും മഹായാനം എന്നും നിവൃത്തിയില്ല ബുദ്ധൻ അനാത്മ എന്ന് പറഞ്ഞത് ഈ അഭിമാനത്തിനെയാണ് ഉദ്ദേശിച്ചിട്ടാണ് സ്വരൂപത്തിനെ ഉദ്ദേശിച്ചല്ല ആ വാക്ക് ശ്രുതി തന്നെ തന്നെ വരുന്നുണ്ട് അദൃഷ്ടേ അദൃശ്യേ അനാത്മീയെ അനിലയനെ അനിരുക്തേ അഭയം പ്രതിഷ്ഠാം വിന്തതേ അനാത്മീയേ എന്നുള്ള വാക്ക് അവിടെ തന്നെ വരുന്നുണ്ട് അതായത് അഭിമാന വൃത്തി ഉദിക്കാത്ത സ്ഥിതിയിൽ അഭയം പ്രതിഷ്ഠാം വിന്തതേ എന്നാണ് ഭയമില്ലായ്മ വരുന്നു ഞാൻ എന്നുള്ള അഭിമാനം ഉണ്ടെങ്കിൽ എന്നിൽ നിന്ന് അന്യമായിട്ടുള്ളത് ഉണ്ട് അവരിൽ നിന്ന് ഭയണ്ട് ഞാൻ എന്നുള്ളത് അതാണ് ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞത് ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ ഭാവമാണ് തോന്നായിക ഭാവമാണ് കുഴപ്പം തോന്നുന്നതാകിൽ അഖിലം താനിതെന്ന വഴി തോന്നേണമേ തോന്നുകയാണെങ്കിൽ എന്താ തോന്നേണ്ടത് വെച്ചാൽ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതി അറിഞ്ഞ് അതായി അമർന്നിടേണം അപ്പോഴേ ഔളും ഈ അന്തർമുഖ ദൃഷ്ടികൊണ്ട് കണ്ണിനു കണ്ണാം മനവാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ എന്നുവെച്ചാൽ കണ്ണു മനസ്സുകൊണ്ടാണ് കണ്ണിലു മനസ്സാണ് കണ്ണിലൂടെ വന്ന് പ്രപഞ്ചത്തിനെ കാണുന്നത് മനസ്സിൽ വരുന്ന ചിത്തവൃത്തികൾ ഒരിടത്ത് ശ്രുതി നചികേതസിന് യമൻ പറഞ്ഞു കൊടുക്കുമ്പോ പറഞ്ഞു കുട്ടി നീ സ്വപ്നം കാണുന്നില്ലേ നല്ല വെളിച്ചത്തിൽ കാണുന്നില്ലേ അത് ബ്രഹ്മം എന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ദൃഷ്ടി ഉള്ളുപോകാൻ വേണ്ടിയിട്ടാണേ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതാണ് പറഞ്ഞു കൊടുത്തത് സുപ്തേഷു ജർത്തി സുപ്തേഷു ജർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണ തുക്രം തദ് തടവ അമൃതമുച്ച തസ്മ ലോക ശ്രിതേ തേതി കശന ഏതദ്വൈ ത നീ ചോദിക്കുന്ന വസ്തു കുട്ടി ഇത് നീ അതാണ് ശ്രദ്ധിക്കോടെ അവിടെ സ്വപ്നത്തിനെ ശ്രദ്ധിക്കാന്നല്ല പറഞ്ഞത് ഉലകരുണർന്ന് ചിന്ത ചെയ്യും ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും ഇതൊക്കെ ഉറ്റുപാർത്ത് നിൽക്കുന്ന ആ വിളക്കുണ്ടല്ലോ ഉദിക്കുകയും പൊലിയുകയും ചെയ്യാതെ നിൽക്കുന്ന ആ വിളക്ക് ആ വിളക്കിനെ ശ്രദ്ധിക്കാനാണ് അതിനെ ശ്രദ്ധിക്കാനുള്ള വഴിയാണ് നമ്മളിപ്പോ ഇവിടെ വീണ്ടും വീണ്ടും കണ്ടോണ്ടിരിക്കുന്നത് ഈ അഹം എന്നുള്ള പ്രതീതിയെ ശ്രദ്ധിച്ച് അടക്കുക ഭക്തിമാർഗത്തിലൂടെ പോയാലും മതി ഭഗവാനേ ഉള്ളൂ ഞാനില്ല എവിടെ എവിടെ അഹങ്കാരം ഉദിക്കണോ അപ്പോഴൊക്കെ ഓർത്തോളു അവിടുന്നേ ഉള്ളൂ ഞാനില്ല ഭഗവാനേ ഉള്ളൂ ഞാനില്ല ഭഗവാനല്ലാതെ ഭഗവാനിൽ നിന്ന് അന്യമായി ഞാൻ വാസ്തവമല്ല ഭഗവാന് ഞാൻ എന്നെ അർപ്പിക്കുകയാണ് സകലത്തും അർപ്പിക്കുകയാണ് മനസ്സിനെ തന്നെ അർപ്പിക്കാണ് മനസ്സിനെ അർപ്പിച്ചാ പിന്നൊന്നും അർപ്പിക്കാനില്ലല്ലോ ഭവതു ഭവതർത്ഥം മമ മന മനമലർ കൊയ്ത്തു മഹേഷ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട ആ മനസ്സാകുന്ന മലര് അവിടെ അർപ്പണം ചെയ്യാണ് അങ്ങടെ അർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാനില്ല നമ്മളെ അങ്ങോട്ട് അർപ്പിച്ചു യാഗം ചെയ്യാണ് സവനം എന്ന് പറഞ്ഞു വേദത്തില് മഹാനാരായണത്തിൽ വരുന്ന ഭാഗമാണ് എല്ലാം ആഹുതി അർപ്പിച്ചു ന്യാസം എന്നാണ് അതിന് പേര് ഒക്കെ അർപ്പിക്കുകയാണ് പ്രപഞ്ചത്തിനെ ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയങ്ങളെ മനസ്സിലും മനസ്സിനെ ഹൃദയത്തിലും ആഹുതി അർപ്പിക്കണതിന് പേരാണ് ന്യാസം അത് സമ്യക്കായിട്ട് ചെയ്യാൻ അറിയണവനാണ് സന്യാസി സമ്യക്യാസം ചെയ്യണവൻ അഗ്നിർമേ വാച്ച് ശ്രിത വാഗ് ഹൃദയേ ഹൃദയം മയി അഹം അമൃതേ അമൃതം ബ്രഹ്മണി ഇങ്ങനെ അഗ്നിയെ വാക്കലും വാക്കിനെ മനസ്സിലും മനസ്സിനെ ഹൃദയത്തിലും ഹൃദയത്തിനെ ഹൃദയം എന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണെന്ന് അറിഞ്ഞ് അതിൽ അർപ്പിച്ച അവസാനം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ മാം ജുഹോസ്വാഹാ ഞാൻ എന്നെ തന്നെ ഹോമിക്കുകയാണ് എവിടെ എന്നിൽ തന്നെ എന്നെ ഹോമിക്കുകയാണെന്ന് അഹമസ്മി യോഹമസ്മി അഹമേവാഹമസ്മി മാം ജുഹോ മിസ്വാഹ എന്നെ തന്നെ ഞാൻ എന്നിൽ ഹോമിക്കുകയാണ് എന്റെ തന്നെ വ്യക്തിത്വത്തിനെ അതിന്റെ സ്വരൂപത്തിൽ അർപ്പണം ചെയ്ത് കഴിയുമ്പോ പിന്നെ ഹാവു ഹാവു